༻ཡི ຶགསས ືྭྭབ༏ར ຠདོ ມེ རོདོ ຠགས ອོགས ຨང ມོར ຠདབ ຠདཁ ວ ຨོ ຠདོ �țār ຠདོ ຠདོ ຠདོ ຠདོ ສས ຨ� � ദക്ഷിണമ്യൂതം ഭവിഷ്യതം തദപ്പോകാര അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാഷ ജാഗരിതസ്ഥാനം പ്രശ്നസപ്താങ്കോനവിശതിമുഖ സ്ഥൂലഭൂവൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോ സുഖ എക്കോനവിശതി മുഖ പ്രവൃത്തോ നാമം ഗാമയത്തെ കശ്യം സുപ്രകീഭൂത പ്രജ്ഞാനഘനേവ്വാനന്ദമയൂഹ്യാനന്ദഭൂ ചേോമുഖപ്രാജസ്തൃതീയ പദേശരം തരയാമി എോനിഭവാപ്യോഹി ഭൂത ന്ദ പ്രം നഹിപ്രജ്ഞം നോ ഭേദ പ്രജ്ഞം ന പ്രാനധനം ന പ്രം നദൃശ്യവ്യൂഹ്യമഗ്രാഹ്യമനക്ഷണമചിന്യവ്യപദേശ്യമപ്രത്യസാരം പ്രപഞ്ചോപശിവം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മഞ്ഞത്തെ സാത്മാവിജ്ഞേ ൈശ്വാനരുക്കാര പ്രഥമേരാധിമധിക സർവാൻ ഗാമാൻ ആലിശം വേദ സ്വപ്നസ്ഥാനത്തൈജസൗക്കാരോ ദ്ധീയാ മാത്ര ഉത്കർഷാ ഉഭയത് ഉത്കർഷരിഹ വൈ ജനസം സമാനശ്ചോതി നമ്മവിദ സശക്തസ്ഥാനോമകൃതീയാ മാത്രമേശ്ശോദ മാത്രതുവഹാര പ്രപഞ്ചോ വശമ ശിവോ അദ്വൈതാര അദ്വൈവ സംവിശതി ആത്മന ആത്മാനം ഇവം വേദ യീയത നക്ഷിപനഷം ബ്രഹ്മക്ത ഉപയേന ഗൃഹീതം സിദ്ധം ക്ഷിപ്പം യം ലക്ഷണം തന്ന ബ്രഹ്മസ്വരൂപീണ നിഷ്പന്നം ചിത്തം ഭൂതി മുമ്പ് പറഞ്ഞ ധ്യാനാഭ്യാസം അതിൽ വിഘ്നങ്ങളെ കുറിച്ച് പറഞ്ഞു അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു പറഞ്ഞ രീതിയിൽ മനസ്സിനെ അന്തർമുഖമാക്കി സുര്യനൻ ഉറപ്പിച്ചാൽ സ്വസ്രൂപത്തിൽ മനസ്സിനെ അഭിമുഖമാക്കിയാൽ നിഗ്രഹീതം മനസ്സിന്റെ നിഗ്രഹം എന്ന് പറയുന്നതാണ് മനസ്സ് ആത്മഭാവനയിൽ തന്നെ നിൽക്കുക മനസ്സിന് മറ്റ് വിഷയഭാവനകളൊന്നും വരാതിരിക്കുക വിഷയസങ്കല്പങ്ങൾ വരാതിരിക്കുക അങ്ങനെയിരിക്കുന്ന മനസ്സ് ചിത്തം യഥാസുഷ് നൽകിയതെ ആ മനസ്സ് ലയിക്കുന്നില്ല സഞ്ചമന്നർ വിശേഷം വിക്ഷിപ്പിയതെ മനസ്സ് ധ്യാനിക്കുന്നവന്റെ പിടിവിട്ട് വിഷയരൂപങ്ങളെ പ്രാപിക്കുന്നവന് വിഷയഗ്രഹണവും മനസ്സിലല്ലാതിരിക്കുന്നു മനസ്സാത്മാകാരമായി നിൽക്കുന്നതെന്ന് പറയും ആത്മഭാവനയിൽ തന്നെ നിൽക്കുന്നു അങ്ങനെയുള്ള മനസ്സ് അനീങ്കനം അചനം നിവാദ പ്രദീപകൽപ്പം കാറ്റില്ലാത്ത സ്ഥലത്തിരിക്കുന്ന ദീപത്തെ പോലെ അനീങ്കനമായിരിക്കുന്നു ചലിക്കാതിരിക്കുന്നു മനസ്സിൻ്റെ ഒരു ചലനം എന്ന് പറയുന്ന മനസ്സിൻ്റെ പരിണാമം അത് ഏത് തരത്തിലുമാകാം അത് പരിണമിച്ച് ലയിച്ചു പോകാം സുശക്തിയായി പരിണമിച്ച് നാനാ വിഷയങ്ങളെ പ്രകാശിപ്പിക്കാം ജാഗ്രത ആയി അല്ലെങ്കിൽ സ്വപ്നമായി അപ്പൊ ജാഗ്രത സ്വപ്ന സുശക്തി എന്നുള്ള മനസ്സിൻ്റെ പരിണാമങ്ങളൊന്നും കൂടാതെ വിവാദപ്രദീപകൽപ്പം നിശ്ചലമായ ദീപത്തെ പോലെ ഞാൻ കേവലം ജ്ഞാനപ്രകാശ രൂപത്തിൽ ദീപം പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവം അതുപോലെ ആത്മപ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് മനസ്സും വിഷയ യമായിരിക്കുന്ന മനസ്സ് അത് ജ്ഞാനമയമായിത്തീരുന്നു ആത്മപ്രകാശത്തിൽ നിൽക്കുന്നു മനസ്സോടെ ഒരു തരത്തിൽ ആത്മാവിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല എന്ന് പറയാം അതുകൊണ്ട് മനസ്സോടെ നശിക്കുന്നില്ല എന്ന് പറയും മനസ്സ് നശിക്കുന്നുവെന്നും പറയാം വിഷയരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന മനസ്സവിടെ നിൽക്കുന്നില്ല അതുകൊണ്ട് മനസ്സ് നശിക്കുന്നുവെന്നും പറയാം മനസ്സുണ്ടെന്നോ ഇല്ലെന്നോ പറ രണ്ടായാലും എന്താണവിടെ മനസ്സ് തുര്യൻ നിന്നും അന്യമായി നിൽക്കുന്നില്ല കാരണം ഇവിടെ പരമാർത്ഥത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്താണോ തുര്യനും മനസ്സും അങ്ങനെ രണ്ടില്ല ഒന്നതല്ല അതേ തുര്യന്റെ അസ്പന്ദമായ അവസ്ഥ അതാണ് ഇവിടെ പറയുന്ന സമാധി തുര്യന്റെ സ്പന്ദനം അത് മനസ്സ് ഇത് അസ്പന്ദമായ അവസ്ഥയിലിരിക്കുന്നു പ്രകാശം കേവല പ്രകാശമായി മാത്രം നിൽക്കുന്നു അനാഭാസം എന്നൊക്കെ അവഭാസതേ അനാഭാസം ഈ തുര്യന്റെ സ്പന്ദനം കൊണ്ടുവരുന്ന ഏതെങ്കിലും വിഷയഭാവത്തിൽ ഏതെങ്കിലും വിഷയാകാരത്തിൽ അത് പ്രകാശിക്കുന്നില്ല ഞാനെന്നോ അല്ലെങ്കിൽ എന്റേതെന്നോ അതിനെ തുടർന്ന് വരുന്ന ഏതെങ്കിലും ഒരു പ്രപഞ്ചസങ്കല്പത്തോടു കൂടി ഇതാകുന്നില്ല മനസ്സ് ഭൗതികമോ ലൗകികമോ ആത്മീയമോ ആയ ഒരു സങ്കല്പവും മനസ്സിൽ നിലനിൽക്കുന്നില്ല അതാണ് അനാഭാസം പ്രപഞ്ചാനുഭവത്തിൽ മനസ്സ് നാനാരൂപത്തിൽ ഭാസിക്കുന്നു അവിടെ ആത്മാനുഭവത്തിൽ മനസ്സ് ആത്മാകാരമായി തന്നെ ഭാസിക്കുന്നു യഥദേവൻ ലക്ഷണം ചിത്തം ഇത്തരത്തിലുള്ള ചിത്തം യഥാ നിഷ്പം ചിത്തം ഇത്തരത്തിലായിത്തീരുമ്പോൾ ഒരു പ്രകാശത്തിനോട് ഒരു ദീപത്തിനോട് മറ്റൊരു ദീപം ചേരുന്നത് പോലെ കൂടിച്ചേരുന്ന ആ ദീപത്തെ വേർതിരിക്കാൻ കഴിയാതെ അത് ദീപമായി തന്നെ നിൽക്കുന്നതുപോലെ മനസ്സ് ബ്രഹ്മസ്വരൂപേണ നിഷ്പന്നം ചിത്തംഭോതി മനസ്സിന് അപ്പോൾ മനസ്സെന്നൊരു പേരിട്ട് വിളിക്കാനും വയ്യാതെ അത് ആത്മസ്വരൂപമായി തന്നെ പ്രകാശിക്കുന്നു അതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് മറ്റവസ്ഥകളിൽ മനസ്സ് മനസ്സായി തന്നെ നിൽക്കുന്നു മനസ്സായി നിന്നുകൊണ്ട് വിഷയങ്ങൾ അനുഗ്രഹിക്കുന്നു ഇവിടെ മനസ്സ് ആത്മാവായി തന്നെ നിൽക്കുന്നു ബ്രഹ്മമായി തന്നെ നിൽക്കുന്നു അതുകൊണ്ട് മനസ്സിന് ്രഹ്മത്തെ വിട്ട് വിഷയങ്ങളെ ഗ്രഹിക്കുക എന്നൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നു മനസ്സ് ബ്രഹ്മം തന്നെ ആയിട്ടിരുന്നു ഇനി വരുന്ന അടുത്ത പ്രകടനത്തിൽ പലയിടത്തും ബ്രഹ്മം തുര്യൻ എന്നെല്ലാം പറയുന്നതിന് പോലും ചിത്തം എന്നുള്ള ശബ്ദം തന്നെ പോയി കാരണം പരമാർത്ഥത്തിൽ ഈ ചിത്തം ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒരു വസ്തുവല്ല അത് ആ തന്നെയാണ് അവൻ തുര്യനായി തന്നെ നിൽക്കുന്നു ദുഷ്പന്നം ചിത്തം ഭവതി അതാണ് അദ്വൈതം തുര്യൻ ചിത്തം എന്നുള്ള രണ്ടാവസ്ഥ അവിടെ ഇല്ലാതാകുന്നു ഏകമായ ആത്മ സ്വരൂപമായി തന്നെ നിൽക്കുന്നു മനസ്സ് എപ്പോഴാണോ ആത്മ ആകാരത്ത് പ്രാപിക്കുന്നത് അപ്പോൾ മനസ്സ് മനസ്സല്ലാതായിത്തീരുന്നു അത് ആത്മാവായി തന്നെ തീരുന്നു എങ്ങനെയാണ് ഒരു ഇന്ധനം അഗ്നി പ്രാപിക്കുന്നത് ഇന്ധനത്തെ അഗ്നി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇന്ധനം ഇന്ധനമല്ലാതായിത്തീരുന്നു അത് അഗ്നിയായി തന്നെ തീരുന്നു അതുപോലെ ഇത് ജ്ഞാനപ്രകാശം കൊണ്ട് മനസ്സാകുന്ന ഇന്ധനം പ്രകാശിക്കുമ്പോൾ പിന്നെ മനസ്സെന്ന് പറയുന്ന ഒന്നായി നിൽക്കുന്നില്ല അത് കേവലം ജ്ഞാനമായി തന്നെ നിൽക്കുന്നു ഇന്ധനത്തിൽ അഗ്നി സംയോഗം വന്നു കഴിഞ്ഞാൽ എന്നെ ഇന്ധനമായി നിൽക്കാൻ കഴിയുന്നില്ല അത് നിൽക്കുന്നത് കേവലം അഗ്നിയായിട്ടായിരിക്കും ഇവിടെ രണ്ടായിരുന്നതിരിക്കാൻ കഴിയില്ല അതുപോലെ ഇവിടെ കേവലം ആത്മസ്വരൂപമായി തന്നെ മനസ്സ് നിൽക്കുന്നു ദുവിധം നശിക്കുന്നു ചിത്രം തന്നെ ബ്രഹ്മമായി തീരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ചിത്തം അനിംഗനം അനാഭാസം നിഷ്പ ബ്രഹ്മ തസ്തം ശം സമർബാണുഖം ഉത്തമം അജം അജേന ജേയനത്തെ ം പരമാർത്ഥസുഖം ആത്മസത്യാനുബോധലക്ഷണം സ്വസ്ഥം സ്വാത്മനിശ്ചിതം വാ ധ്യാതാവ് ആത്മഭാവന ചെയ്യുന്നവൻ അവന്റെ അവസ്ഥ എന്തായിത്തീരുന്നു എന്ന് പറയും പരമാർത്ഥസുഖം അവൻ പരമാർത്ഥസുഖസ്വരൂപം തന്നെയായിരിക്കും ആനന്ദ് ക്ഷണം ആത്മസത്യ സ്ഥിതി ചെയ്യുന്നു സ്വസ്ഥം സ്വാത്മനിശ്ചിതം അവൻ തന്നെ സ്ഥിതി ചെയ്യുന്നു അവൻ തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു പറയുമ്പോ എന്താണ് മനസ്സ് സദാ ബഹിർമുഖമായി വിഷയസ്ഥിതമായിരിക്കുന്നു മനസ്സ് വിഷയത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മനസ്സു വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സു വിഷയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ മനസ്സിന്റെ ഉടമയായിരിക്കുന്ന ജീവനും വിഷയസ്ഥിതനാണ് വിഷയത്തിൽ സ്ഥിതി ചെയ്യുന്നു വിഷയത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് ആ വിഷയങ്ങളുടെ അനുകൂല പ്രതീകങ്ങൾക്കനുസരിച്ച് അവൻ സുഖിയായും ദുഃഖിയായും തീരുന്നു ഇവിടെ സമാധിയിൽ അങ്ങനെയല്ല അവൻ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അവിടെ വിഷയങ്ങളില്ല വിഷയങ്ങളെ അനുഭവിക്കുന്ന ഒരു മനസ്സില്ല ആ മനസ്സിന്റെ ഉടമയായ ജീവഭാവമില്ല ഇതെല്ലാം നഷ്ടപ്പെട്ട് അവൻ സ്വസ്വരൂപ പ്രതിഷ്ഠിതനായിത്തീരുന്നു സ്വാത്മനിസ്ഥിതം ശാന്തം സർവാനർത്ഥ ഉപശമരൂപം അവന്റെ അവസ്ഥയെന്താണ് ശാന്തമാണ് സർവാനർത്ഥങ്ങളും അവിടെ വിശമിച്ചിരിക്കുന്നു ജന്മം ജീവിതം മരണം ഈ രൂപത്തിലുള്ള സംസാരം അതാണ് അനർഥം ആ സംസാരത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ ദ്വന്ദ്ഭാവങ്ങളും ജയപരാജയങ്ങൾ ലാഭനഷ്ടങ്ങൾ തുടങ്ങിയ എല്ലാ ദ്വന്ദ്വഭാവങ്ങളും സുഖ ദുഃഖങ്ങളുൾപ്പെടെയുള്ള മാനാപമാനങ്ങൾ ഉൾപ്പെടെയുള്ള സർവവും അവിടെ ഉപശമിച്ചിരിക്കുന്നു ആ ഉപശമം കൊണ്ടാണ് ശാന്തി അനുഭവിക്കാൻ കഴിയുന്നത് അവൻ ശാന്തി സ്വരൂപനായി തന്നെ നിൽക്കുന്നു സ നിർവാണം അവിടെയാണ് അവൻ മുക്തിയെ പ്രാപിച്ചിരിക്കുന്നത് നിർവ്വാണത്തോടുകൂടിയിരിക്കുന്നു അവൻ നിർവൃത്തി നിർവ്വാണം കൈവല്യം സഹ നിർവണിയ വർദ്ധതി അവൻ കൈവല്യ പദത്തെ പ്രാപിച്ചിരിക്കുന്നു മോക്ഷപഥത്തെ പ്രാപിച്ചിരിക്കുന്നു മോക്ഷം അവസ്ഥ വാസ്തവത്തിൽ അവൻ എന്തിൽ നിന്നാണ് മുക്തമായിരിക്കുന്നത് ഈ മനസ്സിൽ നിന്ന് ഈ മനസ്സ് അവന് കല്പിച്ചു കൊടുത്ത ജീവഭാവത്തിൽ നിന്നും മനസ്സ് തന്നെ അവന് കൊടുത്തിരിക്കുന്ന സംസാരത്തിൽ നിന്നും ആ സംസാരത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ ദ്വന്ദ്ങ്ങളിൽ നിന്നും അവൻ മുക്തനായിരിക്കുന്നു അതാണ് നിർവ്വാണം എന്ന് പറഞ്ഞിരിക്കുന്നു അവസ്ഥയിൽ അവൻ പ്രാപിച്ചിരിക്കുന്നു തെച്ച അകഥത്യം നിശക്കിതയും കഥയിലും ഇവിടെ ശാന്തം സ്വസ്ഥം തുടങ്ങിയ വാക്കുകളെ കൊണ്ട് അതിനെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും പറയുന്നു ഈ വാക്കുകളൊന്നും ബോധിപ്പിക്കുന്നതല്ല അതിന്റെ പരമാർത്ഥ സ്ഥിതി കാരണം ഈ വാക്കുകൾക്കൊന്നും ആ സത്യത്തെ ആ അവസ്ഥയെ ബോധിപ്പിക്കുന്നതിന് ശേഷിയില്ല ആണ് അകത്യം നശക്തി കഥയിതും വാക്കുകൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് എങ്ങനെ ശ്രമിക്കുന്നു വാക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കാമെന്നുള്ള ശാന്തിയുടെയും സ്വസ്ഥതയുടെയും നിർവ്വാണത്തിന്റെയും എല്ലാം അങ്ങേറ്റം എന്നിങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് പലതവണ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെന്താണോ ഈ ആത്മതത്വത്തെ ഈ പരമമായ ആത്മനിഷ്ഠയെ വാക്ക് അതിന്റെ ശക്തിയിലൂടെ പ്രകാശിപ്പിക്കുന്നില്ല മറിച്ച് വാക്ക് അതിൻ്റെ ലക്ഷ്യമായി പ്രകാശിപ്പിക്കുന്നു വാക്കിലൂടെ കടന്നു ചെന്ന് അതിനെ ഗ്രഹിക്കണമെങ്കിൽ പിന്നെ വാക്കിന് ഉപേക്ഷിക്കണം വാക്കിലൂടെ അതിനെ സമീപിച്ചിട്ട് വാക്കിനപ്പുറം പോണം എന്നാലേ അതിനെ ഗ്രഹിക്കാൻ പറ്റും അത് കേവലം ഒരു ഗ്രഹണമല്ല പരമാർത്ഥത്തിൽ അത് അനുഭവ സ്വരൂപമാണ് അനുഭൂതിയാണ് അതുകൊണ്ട് പറയുന്നു അവിടെ വാക്കില്ല വാക്കിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല ജ്ഞാതാവ് ജ്ഞാനം ന്യം ഇങ്ങനെ ത്രിപുടി രൂപത്തിൽ നിന്നുകൊണ്ട് ഒന്നിനെ ഗ്രഹിക്കുമ്പോൾ മാത്രമേ അവിടെ വാക്കിന് പ്രവർത്തിക്കാൻ പറ്റൂ ത്രിപുടിക്ക് അതീതമായും അനുഭവം ത്രിപുടിക്ക് അതീതമായ അനുഭവം എന്ന് പറയുന്നത് എന്താണ് അത് അനുഭവ സ്വരൂപമാണ് അനുഭൂതി എന്ന് പറയുന്നത് അതിനാണ് അനുഭൂതി സ്വരൂപമാണ് അവിടെ വാക്കിനെത്താൻ കഴിയത്തില്ല എന്നാൽ വാക്കതിനെ ലക്ഷ്യീകരിക്കാൻ ശ്രമിക്കുന്നു അതിങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഇങ്ങനെ ആകാം എന്നിങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് പറയുന്നു എന്താണ് അഗത്യം നശക്യതയും കഥയുതയും അത് വാക്കുകൊണ്ട് പറയാൻ പറ്റാ പറ്റാത്തതാണെങ്കിൽ എന്തിനു വീണ്ടും വാക്കുകൾ അതിനുവേണ്ടി പ്രയോഗിക്കുന്നു പറയുന്നു മറ്റ് ഫോം വഴിയില്ലാത്തതുകൊണ്ട് എന്തായാലും ആചാര്യന് ശ്രുതിക്ക് ബോധിപ്പിച്ചേ മതിയാവും വാക്ക് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തി അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരിക്കലും അതിന്റെ താൽപര്യം വാക്കിതിനെ വെളിപ്പെടുത്തുന്നു എന്നല്ല മറിച്ച് വാക്കിതിനെ വെളിപ്പെടുത്തുന്നില്ല എന്ന് തന്നെ അത്യന്ത അസാധാരണ വിഷയത്വ ഇത് അത്യന്ത അസാധാരണമായൊരു വിഷയമാണ് എന്നുവെച്ചാൽ അത്യന്ത അസാധാരണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇത് അലൗകികമാണ് അതീന്ദ്രിയമാണ് അതാണ് അത്യന്തസാധാരണ സാധാരണ എന്ന് പറയുമ്പോൾ ലൗകികമായ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാവുന്ന വിഷയങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കാവുന്ന വിഷയങ്ങളെല്ലാം സാധാരണമാണ് ലൗകികമാണ് ഇത് അങ്ങനെയല്ല ഇത് വിഷയം അതിന്ദ്രിയമാണ് അലൗകികമാണ് അതിനെങ്ങനെ വാക്കിന് പ്രകാശിപ്പിക്കാൻ പറ്റും സാധ്യമല്ല അതുകൊണ്ട് പറയുന്നു അത്യന്ത അസാധാരണമാണ് കേവലം അനുഭൂതിയിൽ വിളങ്ങുന്ന ീ ശബ്ദത്തിന് എങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും കഴിയത്തില്ല മനസ്സിന് പോലും അത് അഗ്രാഹ്യമായിരിക്കുന്നു മനസ്സില്ലാതെ എങ്ങനെ അനുഭൂതി ഉണ്ടാകും എന്ന് ചോദിച്ചു അനുഭൂതി ആശ്രയിച്ചാണ് മനസ്സ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അവിടെ മനസ്സിന്റെ ആവശ്യമില്ല അത് ഏതുപോലെ ഇന്ധനത്തെ ആശ്രയിച്ചാണ് പ്രകാശം നിലനിൽക്കുന്നത് ഇന്ധനമില്ലെങ്കിൽ പിന്നെ ഏതാ പ്രകാശം അതുപോലെ ഒരു പ്രകാശം മാത്രമാണ് ഈ മനസ്സെന്ന് പറയുന്നത് ആ മനസ്സാശ്രയിച്ചിരിക്കുന്ന ഒരു ഇന്ധനമുണ്ട് അത് നിത്യം പ്രകാശിക്കുന്നതാണ് ഈ പ്രകാശത്തിന് ആധാരമായി വർത്തിക്കുന്ന നിത്യപ്രകാശമാണ് ആ നിത്യപ്രകാശത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു അല്പപ്രകാശമാണ് ഈ മനസ്സ് അതുകൊണ്ട് ഈ മനസ്സിന് തിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല മനസ്സിൽ ഇത് മനസ്സിന്റെ മനസ്സാണ് എന്ന് പറയും ആ പ്രകാശത്തിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് എന്ന് പറയുന്നു അത് അതിനു മനസ്സിലൂടെ അതിനെ അനുഭവിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അതിനെ പറയുന്നത് അപരോക്ഷമാണ് അത് എന്ന് പറയുന്നു നമ്മുടെ സാധാരണ അനുഭൂതികളിൽ നിന്നുള്ള വ്യത്യാസം നമ്മുടെ സാധാരണ അനുഭൂതികളിലെല്ലാം അനുഭൂതിയെ ജീവന് പകർന്നുകൊടുക്കുന്ന മനസ്സാണ് ഇവിടെ മനസ്സിന് അനുഭൂതിയെ പകരുന്ന ഒന്നാണ് ഇവിടെ പറയുന്നത് അത് മനസ്സ് ഏതിലാണോ പ്രകാശിക്കുന്ന അതാണ് മനസ്സിൻ്റെ മനസ്സാണ് മനസ്സിന്റെ പ്രകാശമാണ് അതാണ് പരമമായ അനുഭൂതി കേവലമായ അനുഭൂതി നിരുപാധികമായ അനുഭൂതിയാണ് അതുകൊണ്ടാണ് സ്വയം പ്രകാശം അതിനെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല മറ്റൊരു മനസ്സിന്റെ ആവശ്യമില്ല മറ്റൊരു മനസ്സിന് അതിന് കഴിയത്തുമില്ല അതുകൊണ്ടിവിടെ പറഞ്ഞിരിക്കുന്നത് അസാധാരണമാണോ അലൌകികമാണോ ലൗകിക ബുദ്ധികൾക്ക് ഈ ലൗകിക നിലയിൽ ഇരുന്നുകൊണ്ട് അതിന്റെ അനുഭവം ഉണ്ടാകത്തില്ല അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് ആ അനുഭവത്തെ പ്രകാശിപ്പിക്കാൻ ആചാര്യന് സമർത്ഥനല്ല എന്ന് പറയുന്നു സുഖം ഉത്തമം നിരതിശയം ഹി തദ്ിപ്രത്യക്ഷമേവ പറയുന്നു അത് ഉത്തമമായ സുഖമാണെന്ന് പറയാം ഉത്തമമായ സുഖമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന സുഖങ്ങളിൽ അപ്പുറം നമുക്ക് സങ്കല്പിക്കാവുന്ന സുഖങ്ങളിൽ അപ്പുറമാണ് നമുക്ക് അനുഭവിച്ചിട്ട് നമ്മൾ സ്മരിക്കുന്ന സുഖങ്ങളിൽ അപ്പുറം അതുകൊണ്ട് പറയുന്നത് നിരതിശയം ആ സുഖത്തിന് നാശമില്ല മാത്രവുമല്ല ഏറ്റക്കുറച്ചിലല്ല സാധാരണ സുഖങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ട് ചെറിയ സുഖം വലിയ സുഖം എന്നിങ്ങനെ ഈ സുഖത്തെ സംബന്ധിച്ച് നമ്മളൊരു വലിയ സുഖമൊന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് വലിയ സുഖമെന്ന് പറയുമ്പോൾ സാപേക്ഷികമാണ് ഒരു ചെറിയ സുഖവുമായി തടിച്ചിട്ട് നമ്മൾ പറയുന്നത് വലിയൊരു ആനന്ദമാണ് അങ്ങനെ താരതമ്യത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒന്നുമല്ല നിരുപാധികമായ ഒന്നിനെ താരതമ്യത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണ്ട വലിയ സുഖമൊന്നും ഇതിനെ മനസ്സിലാക്കണ്ട അതുകൊണ്ട് പറയുന്നു നിരതിശയമാണോ അപരിച്ഛിന്നമാണോ ഏതെങ്കിലും തരത്തിലൊരു പരിമിതി കൽപ്പിക്കാൻ സാധ്യമല്ല വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അതിനൊരു പരിമിതി കൽപ്പിക്കാനും സാധ്യമല്ല അതിന് സുഖസ്വരൂപമാണെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ജ്ഞാനസ്വരൂവുമായിരിക്കുന്നത് അതാണ് സത്സ്വരൂപമായിരിക്കുന്നത് അതാണ് സുഖസ്വരൂപമായിരിക്കുന്നെന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് ആ സുഖസ്വരൂപമായിരിക്കുന്ന ഒന്നിനെ എന്തെങ്കിലും വിശേഷണം കൊണ്ട് ബോധിപ്പിക്കാൻ പറ്റത്തില്ല ലോകത്തിൽ ദ്വൈതമായ സർവവസ്തുവിനെയും നമ്മൾ അറിയുന്നത് വിശേഷണങ്ങളിലൂടെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശേഷണങ്ങളിലൂടെ അറിയുന്ന എന്താണ് വിശേഷമായ ബുദ്ധിയുള്ളവൻ പറുത്തവൻ വെളുത്തവൻ രണ്ടു കാലമുള്ളവൻ നന്മയുള്ളവൻ തിന്മയുള്ളവൻ വിശേഷണങ്ങളിലൂടെ ദ്വൈതത്തെ അറിയാൻ പറ്റും വിശേഷണരഹിതമായാൽ പിന്നെ ദ്വൈതബോധമില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് വിശേഷണരഹിതമായി അറിയാൻ പറ്റത്തില്ല വിശേഷണ വിശേഷി ഭാവത്തിനെ അറിയാൻ പറ്റും നിരദ്ധിശയം എന്ന് പറഞ്ഞാൽ എന്താണോ ആ വിശേഷണ വിശേഷി ഭാവത്തെ അതിക്രമിച്ചിരിക്കുന്നത് എന്നാൽ അറിവായി പ്രകാശിക്കുന്നത് അത് ശൂന്യതയല്ല എന്നിനി പറയും അന്ധതയല്ല എന്ന് പറയും അതുകൊണ്ട് പറയുന്ന നിരതിശയമാണ് തദ്ിപ്രത്യക്ഷമേവ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെല്ലാം വർണ്ണിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഞാൻ അറിയുന്നില്ല ഞാനറിയാത്ത ഒരു കാര്യം സത്യമാണ് പരമാർത്ഥമാണെന്നുള്ളതിന് എന്താ പ്രമാണം പറയുന്ന ഇത് രണ്ടു തട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അജ്ഞന്റെ ഒരു ലോകം അജ്ഞന്റെ ഒരു തലം അജ്ഞൻ നിൽക്കുന്ന ഒരു തട്ട് അവിടെ ഇതിനെ വർണ്ണിച്ചിട്ട് ഫലമില്ല ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അജ്ഞൻ അവന്റെ തലത്തിൽ തന്നെ നിൽക്കുമ്പോൾ അവനിത് അനീകമാണ് ശൂന്യമാണ് ഇങ്ങനെ ഒന്നില്ല എന്ന് ധരിക്കാനേ അവന്റെ യുക്തിയും അവന്റെ അനുഭവവും അവനെ അനുവദിക്കുന്നുള്ളൂ അതുകൊണ്ടത് അജ്ഞന്റെ തലം വേറെ ഇവിടെ പറയുന്നതല്ല എന്താണ് യോഗിയുടെ തലമാണ് യോഗിയുടെ പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ യോഗിയുടെ അനുഭൂതിയാണ് യോഗിയുടെ അപരോക്ഷമായ അനുഭവമാണ് ആ യോഗിയുടെ അപരോക്ഷമായ ആ തലത്തെ അതിന്റെ സമീപത്തിൽ ഒന്നും നിക്കാൻ കഴിയാത്ത ഒരു അജ്ഞന എങ്ങനെ ബോധ്യപ്പെടുത്തും ഇത് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു അജ്ഞന വിശ്വാസത്തിലെടുക്കുന്നത് അത് ആചാര്യനും സാധ്യമല്ല ശ്രുതിക്കും സാധ്യമല്ല എന്ന് പറയുന്നത് യോഗി പ്രത്യക്ഷം ഏവ എന്ന് പറഞ്ഞാൽ അജ്ഞന ഒരിക്കലും ഈ പറയുന്ന നിരധിസീയമായ സുഖത്തെ ബോധ്യപ്പെടില്ല എന്നർത്ഥം വേണമെങ്കിൽ ഇത് വിശ്വസിക്കാം അന്ധമായി വിശ്വസിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ആ വിശ്വാസം ഒരിക്കലും സ്വാനുഭവമല്ല കേവലമായ അനുഭവം ഉണ്ടായേക്കാം പക്ഷേ വസ്തുനിഷ്ഠമായ അനുഭവം വിശ്വാസത്തിലില്ല അതുകൊണ്ട് പറയുന്നു ഇത് ഞാൻ എനിക്കത് അറിയാൻ കഴിയുന്നില്ല എനിക്കത് ബോധ്യപ്പെടാൻ കഴിയുന്നില്ല ഇത് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഇതിനെ അന്വേഷിക്കേണ്ട ആവശ്യവും വരുന്നില്ല ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഈ മാർഗത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യവും വരുന്നില്ല അതുകൊണ്ട് അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് ഇതിനെ ബോധ്യപ്പെടുക എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നു അജ്ഞനിത് ബോധ്യപ്പെടുത്തില്ല ഇത് അജ്ഞന് വെളിപ്പെടുന്ന ഒന്നല്ല മറിച്ച് ഇവിടെ പറയുന്ന സമാധിസ്ഥിതനായ യോഗിക്ക് മാത്രം നുഭവസിദ്ധമായൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് അതിൽ വിശ്വസിച്ച് വേണമെങ്കിൽ ഒരാൾക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ആ ജിജ്ഞാസയോടുകൂടി ഒരാൾക്ക് മുന്നോട്ട് പോകാം ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അവിടെ സംശയം വരാം ഇത് നടക്കുമോ നടക്കാതിരിക്കുമോ സത്യമാണോ അസത്യമാണോ പ്രാപ്യമാണോ അപ്രാപ്യമാണോ ഈ തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ വരാം എന്നാലും അയാൾ ജിജ്ഞാസുണ്ടാകും ഇതിനെ കണ്ടെത്തണം അങ്ങനെയുള്ള ജിജ്ഞാസയോടുകൂടിയ ഒരജ്ഞന് ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാം അല്ലാതെ ഇതിനെ പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ട് പോവുക അത് അജ്ഞന്റെ നിലയിൽ സാധ്യമേ അല്ല യോഗിക്ക് മാത്രം അനുഭവസിദ്ധമായൊരു കാര്യമാണിത് എന്താ പറയുന്ന തദ്ി പ്രത്യക്ഷമേവാതം വ്യത്യാജം യഥിഷയവിഷയം ഇവിടെ എന്തുകൊണ്ട് പറയുന്നു ഈ അജ്ഞന്റെ മനസ്സിലൂടെ അവൻ അനുഭവിക്കുന്ന സർവ്വതും വിഷയവിഷയമാണ് വിഷയത്തെ അവൻ വിഷയമാക്കുകയാണ് ജാതമായതിനെ വിഷയമാക്കുകയാണ് ജന്യമായതിനവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കുന്ന ഇവന് അജന്യമായ ഒന്നിനെ അജമായ ഒന്നിനെ എങ്ങനെ അറിയാൻ കഴിയും വിഷയശൂന്യമായ ഒരവസ്ഥയെ അവനെങ്ങനെ പ്രാപിക്കാൻ കഴിയും അത് അസാധ്യമാണ് അതുകൊണ്ടിവിടെ ശാസ്ത്രത്തിന്റെ ഉപയോഗം എന്ത് പലരും ചോദിക്കും എന്താണോ അജ്ഞന് ഇത് ബോധ്യപ്പെടുന്നില്ല വിജ്ഞൻ ഇതിന്റെ ആവശ്യവുമില്ല പിന്നെ ഈ ശാസ്ത്രം എന്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം അജ്ഞനെ ബോധ്യപ്പെടുത്താൻ ശാസ്ത്രത്തിനോട്ടാകുന്നില്ലെങ്കിൽ പിന്നെ അജ്ഞനോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം ബോധ്യപ്പെട്ടവന് പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ ഇതിന്റെ ആവശ്യവുമുണ്ട് ചർച്ച ചെയ്യുന്നു നിരന്തരമായ ചർച്ച ഇതിനെ സംബന്ധിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണോ ഈ അജ്ഞനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ശാസ്ത്രം അവന് ശാസ്ത്രത്തിന്റെതായ വഴിയിലൂടെ പരമാർത്ഥത്തിലെത്തിക്കുന്നുണ്ട് മറിയാ അവന് പരമാർത്ഥത്തിൽ എത്തിക്കുന്നത് ശാസ്ത്രത്തെ പരിത്യജിച്ചിട്ടാണ് ശാസ്ത്രത്തിന്റെ ത്യാഗത്തിലൂടെയാണ് അത് ബോധിപ്പിക്കുന്നതും ശാസ്ത്രം തന്നെ ശാസ്ത്രം ബോധിപ്പിക്കുന്നു പിന്നെ ത്യജിച്ചിട്ട് പരമാർത്ഥത്തെ ഭജിക്കുക എന്നാണ് ബോധിപ്പിക്കുന്നത് അജ്ഞനോട് ബോധിപ്പിക്കാൻ പക്ഷെ അതിനും ശാസ്ത്രത്തിന്റെ സഹായം കൂടിയേ അതാണ് ശാസ്ത്രത്യാഗത്തിന് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് അജേന അനുസന്നേന അംബ്യതിരിക്തം സസ്യേന സർവജ്ഞരൂപേണ സർവജ്ഞം ബ്രഹ്മസുഖം പരിരക്ഷത അജേന അനുപന്നേന ഇവിടെ എന്താണ് ഈ ജീവൻ അറിയുന്നത് അവന് വെളിപ്പെട്ടിരിക്കുന്ന എന്താണ് ഈ പരമാർത്ഥ സത്യമല്ല പിന്നെയോ അവന് ഞേയമായിരിക്കുന്ന ജീവന്മാരത്ത് ഒരു ജീവൻ മറ്റൊരു ജീവൻ അറിയുന്നു അതറിയുന്നത് പരമാർത്ഥ ഭാവത്തിലല്ല ജീവഭാവത്തിൽ എങ്ങനെ ജ്ഞാനെന്ന് നീയെന്ന് അറിയുന്നു ഞാനെന്നറിയുന്നതും ജീവനെയാണ് ജീവഭാവത്തെയാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്ത് യുഷ്മത് അസ്മത് പ്രത്യുഗോചരയൂഹു ജ്ഞാനെന്നും നീയെന്നുള്ള അനുഭവ വിഷയമായിരിക്കുന്നത് ഇവിടെ പറയുന്ന എന്താണോ ഞാനെന്നും നീയെന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവങ്ങളോട് അവ്യതിരിക്തമായിരിക്കുന്ന തത്വം ആ ജീവഭാവങ്ങൾക്കൊന്നും വേർപിരിഞ്ഞു മാറി നിൽക്കാൻ കഴിയാത്തതായ പരമാർത്ഥ സത്യം അതജമാണ് ജീവനാണെങ്കിലോ അതജനല്ല ജനിക്കുന്നവനാണ് അജേന അനുപന്നന അനുപന്നനായിരിക്കുന്നവൻ ജനനമരങ്ങളില്ലാത്തവൻ അവനെന്താണ് ഞേന അമ്പിതിരിക്തം ജേയമായിരിക്കുന്ന ഈ ജീവഭാവങ്ങളിൽ നിന്നെല്ലാം ഈ ജീവഭാവങ്ങളോടെല്ലാം അഭിന്നമായിരിക്കുന്നു അവ്യതിരിക്തമായിരിക്കുന്നു ഈ ജീവൻ ഇവിടെ പരമാർഷത്തിൽ പറയുന്ന എന്താണ് ആ ജീവൻ ഒരിക്കലും സ്വസ്വരൂപത്തിൽ നിന്നും വ്യതിചരിക്കാൻ കഴിഞ്ഞിട്ടേ ഒരു വസ്തുവിനും സ്വരൂപത്തിൽ നിന്നും മാറാൻ കഴിയില്ല ഒരു വസ്തുവിനും അതിന്റെ സ്വഭാവത്തെ പരിചയക്കാൻ സാധ്യമല്ല ജീവന്റെ സ്വരൂപവും ജീവന്റെ സ്വഭാവം തന്നെയാണ് പരമാർത്ഥം ആ പരമാർത്ഥത്തിൽ നിന്നും ജീവൻ ഒരിക്കലും വേർപെടാൻ കഴിഞ്ഞിട്ടില്ല അത് വേർപെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ ജീവഭാവം തന്നെ അവൻ പരമാർത്ഥ വസ്തുവായി സ്ഥിതി ചെയ്യുന്നു അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നു ഞേൻ അമ്പിതിരിക്തം അങ്ങനെ പരമാർത്ഥാവസ്ഥയിൽ എന്താണ് പരമാർത്ഥം വ്യവഹാരികം പ്രാതിഭാസികം നിർവ്വാണം സംസാരം ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല സസ്വന സർവജ്ഞരൂപീണ സർവജ്ഞം അവൻ സർവജ്ഞനാണ് പറയുന്നത് സർവജ്ഞനെന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവിനേക്കാൾ വലിയ അറിവുള്ള ഒരാളെന്നുള്ള അർത്ഥത്തിലല്ല കൂടെ പറയുന്നു നമ്മൾ സർവജ്ഞനെന്ന് പറയുന്ന ആരെയാണ് നമ്മളറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്ന ആളന്നെ നമ്മളറിയുന്നതിനേക്കാൾ കൂടുതൽ അറിഞ്ഞതുകൊണ്ടൊരാൾ സർവജ്ഞനാകുന്നില്ല കാരണം നമ്മളറിയുന്നതിനേക്കാൾ ഒരാൾ കൂടുതലറിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അറിയുന്ന മറ്റൊരാളുണ്ടാവാം അപ്പതിലാരും സർവജ്ഞൻ അപ്പൊ സർവജ്ഞനെന്ന് നമുക്ക് ഒരു ജീവനെയും പറയാൻ കഴിയാതെ വരും കാരണം സർവജ്ഞതയും സാപേക്ഷിക്ക ഒരാൾക്ക് എന്തെങ്കിലും വിശിഷ്ടമായ കഴിവുകളുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് സർവജ്ഞനെന്ന് പറയാം പക്ഷെ ഇവിടെ സർവജ്ഞൻ എന്ന് പറയുന്നത് അങ്ങനെ സത്സ്വരൂപത്തിൽ നിൽക്കുന്നവനാണ് സർവജ്ഞൻ ആത്മസാക്ഷാത്കാരം നേടിയവനാണ് സർവജ്ഞൻ എന്തുകൊണ്ടവന് സർവജ്ഞനെന്ന് വിളിക്കുന്നു ഇവിടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനേയും അതിന്റെ വിശേഷങ്ങളോടുകൂടി മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് അവൻ സത്സ്വരൂപനായിരിക്കുന്നു അവൻ പരമാർത്ഥസ്വരൂപനായിരിക്കുന്നു അവൻ മുക്തിപഥത്തെ പ്രാപിച്ചിരിക്കുന്നു സർവത്തെയും അവൻ താനായി അറിയുന്നു അല്ലെങ്കിൽ സത്തായി ചിത്തായി ആനന്ദമായി അറിയുന്നു അതുകൊണ്ടവൻ സർവജ്ഞനാണ് അതെന്താണ് ബ്രഹ്മ അത് ആ പരമാർത്ഥ വസ്തു തന്നെയാണ് അപ്പോൾ ആ പരമാർത്ഥ വസ്തുവാണ് ഗുരു പരമാർത്ഥ വസ്തുവാണ് ബ്രഹ്മം ആ പരമാർത്ഥ വസ്തുവിനെയാണ് സർവജ്ഞൻ എന്ന് പറയുന്നത് സർവസ്വരൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സർവാത്മാവായിരുന്നു കൊണ്ട് അവൻ സർവത്തെയും ഗ്രഹിക്കുന്നതുകൊണ്ട് അത് സുഖമാണ് അതിനാനന്ദ പരിചക്ഷതയെ കഥയന്തി ബ്രഹ്മവിദ ബ്രഹ്മവിത്തുകൾ അതിനെ സുഖസ്വരൂപമായി ആനന്ദസ്വരൂപമായി പറയുന്നു എന്തുകൊണ്ട് ബ്രഹ്മവിത്തുകൾ അങ്ങനെ പറയുന്നു അവർ അവിടെ പറഞ്ഞ നിരദ്ധിശയമായ ഉത്തമമായ ആനന്ദത്തെ ആനന്ദാനുഭൂതിയിലാണ് ഇരിക്കുന്നത് ആ നിരദ്ധിശയമായ ആനന്ദ അനുഭൂതിയിലിരിക്കുന്നതുകൊണ്ട് അവർ പറയുന്നു ഇത് ആനന്ദസ്വരൂപമാണ് അത് ലൗകികാനന്ദമല്ല വിഷയാനന്ദമല്ല വിഷയാനന്ദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദവുമല്ല നിരുദ്ദേശീയമായ ആനന്ദമാണോ എന്ന് പറയുന്നു ീയമായ ആനന്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ആനന്ദത്തെക്കുറിച്ചുള്ള ഭാവന ഉൾക്കൊള്ളുന്ന ഒരു വിഷയമല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതജ്ഞനെ പ്രത്യക്ഷമാക്കാൻ സാധ്യമല്ല ഇത് അജ്ഞനെ ബോധ്യപ്പെടുത്താനും സാധ്യമല്ല ഏതെങ്കിലും തരത്തിലൂടെ യുക്തിയിലൂടെയോ പ്രമാണങ്ങളിലൂടെയോ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല യോഗിയുടെ ജീവനമായ അനുഭവത്തെ എങ്ങനെ അജ്ഞന പ്രമാണങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ സാധ്യമാകും സാധ്യമല്ല അത് പരമാർത്ഥസുഖമാണ് എന്നിവിടെ പറയുന്നു സ്വസ്ഥം ശാന്തം സനിർവാണം അഗ്യം സുഖമുത്തമം അജം അജേനജ്ഞേയേന ജീവ സമ്പവോസിമം സത്യം എത്രിന് ജാതെ സർവപിമനോ നിഗ്രഹാതിമൃോഹാദിവ ഉമാർത്ഥസ്വരുപ്രതിപത്തിന സർവപ്രേയം മനോനിഗ്രഹാതി ഇവിടെ പറഞ്ഞ ഉപായങ്ങൾ മുമ്പ് വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഉപായങ്ങളൊന്നും സത്യമല്ല എന്നാൽ ഇതിന്റെ വ്യാവഹാരികമായ നമ്മുടെ അനുഭവത്തിന് നിലനിൽക്കുന്ന നമ്മുടെ പ്രവൃത്തിയിൽ നിലനിൽക്കുന്ന ഒരു സത്യത്വവും ഇതിനുണ്ടാണ് ഉപായങ്ങളൊന്നും പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ല പരമാർത്ഥം ആർജിക്കുന്നതൊന്നും പരമാർത്ഥമല്ല ആർജിക്കുന്നതിന് ഉപായങ്ങളും പരമാർത്ഥമല്ല ഇതുകൊണ്ട് ഇവിടെ സൃഷ്ടി സത്യമാണെന്ന് ബോധിക്കരുത് ഉപാസനകൾ സത്യമാണെന്ന് കരുതരുത് ഇതെല്ലാം ആ പരമാർത്ഥ സത്യത്തിൽ തുര്യന് ആരോപിതമായി മാത്രം നിലനിൽക്കുന്നതാണ് നിഷ്പന്ദമായിരിക്കുന്ന തുര്യന്റെ കേവല സ്പന്ദനങ്ങൾ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്നതും നമ്മുടെ ബുദ്ധിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും സർവ്വതും ഇതിന്റെ പ്രയോജനം എന്താണിത് പരമാർത്ഥം അല്ലെങ്കിൽ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് സഹായി തുരിയൻ പറഞ്ഞെന്താണോ ഈ ചിന്തകൾക്ക് സ്ഥാനവും എന്നാലും ഈ ചിന്തകളെയാണ് ആശ്രയിക്കുന്നത് ആ തുര്യ അധിഗമത്തിന് അത് ഫലപ്രദമാണോ ആണെന്നാണ് പറയുന്നത് തുര്യൻ വാസ്തവത്തിൽ ചിന്താ രഹിതനാണെങ്കിലും ഈ ചിന്തകൾ ഒരുവന് തുരിയനിൽ പ്രതിഷ്ഠിതനാക്കുന്നു അതെങ്ങനെ സാധിക്കും ഈ ചിന്തകൾ സ്വയം അതിനെത്തന്നെ നിരാകരിച്ചുകൊണ്ട് അതിനെ തന്നെ നിഷേധിച്ചുകൊണ്ട് നിഷേധിച്ചാൽ ശേഷിക്കുന്നതെന്തോ ആ തരത്തിൽ അവനെ തുരിയെ പ്രതിഷ്ഠിതനാക്കുന്നു അതാണ് ഇതിന് ഉപായം എന്ന് പറഞ്ഞത് അല്ലാതെ ഇത് ഒന്നും സത്യമല്ല സമാധിയെക്കുറിച്ചെല്ലാം ഇവിടെ വർണ്ണിക്കുന്നുണ്ട് വേദാന്തത്തിനും യോഗത്തിനും എല്ലാം വർണ്ണിക്കുന്നുണ്ട് അതുകൊണ്ട് സമാധി പരമാർത്ഥമാണെന്ന് ധരിക്കരുത് അതൊരു ഉപായം തന്നെയാണ് ഉപായമായതുകൊണ്ട് തന്നെ അത് പരമാർത്ഥമല്ല പരമാർത്ഥ സത്യം തന്നെ കശ്യജായത് ജീവകർത്താവ് ഭോക്താവ് ഉത്പത്തി തേക്കുവാൻ അഭിപ്രകാരണം പരമാർത്ഥ സത്യം എന്താണോ അതി ഉപായങ്ങളൊന്നുമല്ല ഈ ജീവൻ ജനിക്കുകയും മരിക്കുകയും കർത്താവായിരിക്കുകയും ഭോക്താവായിരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ ഉപായങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ഇതൊന്നും അല്ലെങ്കിലോ അത് അജനാണ് അവസ്ഥയാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജീവന്റെ ആജഭാവത്തെ ജന്മരഹിതമായ ഭാവത്തെ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് എന്താണ് അതാനുഭോതികമാണ് ആ ബോധ്യപ്പെടൽ ശാബ്ദികമല്ല മനോമയവുമല്ല ശാബ്ദികമെന്ന് പറഞ്ഞാൽ ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിപ്പിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നു മനോമയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽപ്പനകളിലൂടെ നമ്മൾ ധരിക്കുന്നത് ഇത് രണ്ടുമല്ല ഇത് രണ്ടും അല്ലാത്ത ഒന്നും അത് കേവല പ്രകാശ രൂപത്തിൽ കേവല ജ്ഞാന രൂപത്തിൽ സ്വയം സ്ഥിതി ചെയ്യുന്നതാണ് അതിനാണ് അനുഭൂതി എന്ന് പറയുന്നത് അതഹ സ്വഭാവത്തോ അജസ്യത് സ്വഭാവന അജമാണ് ആത്മീകസ്യ ആത്മനഹ സംഭവക്കാരനെന്ന വിദ്യതയും ആസ്തി ഇത് ഏകനായ ആത്മാവാണ് ഇത് അജനാണ് ഇതിന് ജനനമില്ലാന്നുകൊണ്ട് പറഞ്ഞ് ഇതിനും മറ്റൊരു കാരണമില്ലാത്തതുകൊണ്ട് ഇവിടെ കാര്യകാരണരൂപത്തിലാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത് മനസ്സും അതിന്റെ പ്രവൃത്തികളും അനുഭവപ്പെടുന്നത് കാര്യകാരണരൂപത്തിലാണ് ചിന്തകൾ അനുഭവപ്പെടുന്നത് കാര്യകാരണരൂപത്തിലാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നത് കാര്യകാരണ രൂപത്തിലാണ് ഭൗതികമായ സൃഷ്ടി സ്ഥിതി ലയങ്ങൾ നാശങ്ങൾ സംഭവിക്കുന്നതും കാര്യകാരണ രൂപത്തിലാണ് പക്ഷെ ഇവിടെ തുരിയൻ എന്താണ് കാര്യ കാരണങ്ങൾക്ക് അപ്പുറസ്ഥിതിയും അത് ഒന്നിന്റെയും കാര്യവുമല്ല അതൊന്നിനും കാരണവുമല്ല എന്ന് പറഞ്ഞാൽ ഈ കാര്യകാരണ പരമ്പരയെ നമ്മൾ അന്വേഷിച്ചു പോയാൽ ഇതിനെന്താണ് കാരണം ഈ സ്ഥൂലത്തിനെന്താണ് കാരണം സൂക്ഷ്മം സൂക്ഷ്മത്തിനെന്താണ് കാരണം എന്നിങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണം എവിടെയാണോ അവസാനിപ്പിക്കേണ്ടി വരുന്നത് അതിനപ്പുറമാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നറിയാം അപ്പൊ കാര്യ കാരണത്തിലൂടെ ഇതിനറിയാൻ കഴിയത്തില്ല സ്വഭാവതോ അജസ്യ അതിന് കാരണം നവിദ്യതയ കാരണമില്ല യസ്മാൻ നവിദ്യതയ സി കാരണം തസ്മാൻ തസ്റ്റായതേ ജീവ പരമാർത്ഥത്തിൽ എന്താണ് പരമാർത്ഥം എന്ന് പറയുമ്പോൾ അജ്ഞന് ബോധ്യമാകുന്ന പരമാർത്ഥമല്ല ഇത് പരമാർത്ഥമാണെന്ന് അജ്ഞനോട് പറഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യും അതങ്ങനെ പരമാർത്ഥമാവും എന്തുകൊണ്ട് അതെന്റെ അനുഭവത്തിന് യുക്തിക്കും നിരക്കാത്തതാണ് അജ്ഞന്റെ അനുഭവത്തിന് യുക്തിക്കും നിരക്കുന്ന ഒന്നിനാ നമുക്ക് പരമാർത്ഥമെന്ന് പറയാൻ പറ്റത്തില്ല അതിന് അന്ധത എന്നേ പറയാൻ പറ്റും കാരണം അജ്ഞന്റെ അനുഭവത്തിന് യുക്തിക്കും നിരക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു കാര്യത്തിലെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അജ്ഞനോട് തന്നെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് നിന്റെ അജ്ഞതയെ നിരാകരിച്ചിട്ട് പിന്നീട് ശേഷിക്കുന്ന ഒന്ന് എന്താണോ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ബോധിപ്പിക്കുക എന്താണ് അവന് മനസ്സിലാകുന്നത് താൻ തന്റെ അജ്ഞത കൊണ്ട് അവിദ്യ കൊണ്ട് ജനിച്ചു പിന്നീട് ആ ജന്മത്തിൽ അനേക ജന്മങ്ങൾ കഴിഞ്ഞു അനേക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു തൻ്റെ തന്നെ സാത്വികത കൊണ്ട് തനിക്ക് വിവേകമുണ്ടായി ആ വിവേകം കൊണ്ട് താൻ ആത്മതത്വത്തെ പ്രാപിച്ചു ആത്മസ്വരൂപനായി മാറി ഇത്തരത്തിലുള്ള ആജ്ഞന്റെ ഭാവനകൾ ഇതിനാണ് ആത്യന്തികമായി നിഷേധിക്കുന്നത് ജനിച്ചിട്ടില്ല ജനിച്ചതുകൊണ്ട് പിന്നീട് അവൻ സംസാരത്തിൽ വന്നില്ല സംസാരത്തിൽ വന്നതുകൊണ്ട് പിന്നീട് അവൻ മോക്ഷത്തിനുള്ള മാർഗങ്ങളെ തേടിയില്ല അങ്ങനെ മോക്ഷ അവൻ പരിശ്രമിച്ച അവസാനം മുക്തിയെ പ്രാപിച്ചില്ല ഇതൊക്കെയാണ് പരമാർത്ഥം എന്നും അജ്ഞനെ ബോധിപ്പിക്കുകയാണ് അത് അജ്ഞനെ ബോധിപ്പിക്കണമെങ്കിൽ എന്തുവേണം അജ്ഞനെ ബോധ്യപ്പെടണമെങ്കിൽ എന്തുവേണം ആദ്യം തന്റെ അജ്ഞതയെ നിരാകരിക്കണം തന്റെ അജ്ഞതയെ നിരാകരിച്ചിട്ട് തന്റെ സത്യസ്വരൂപം ഇന്നതാണ് എന്നവൻ അംഗീകരിക്കുന്നു അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാകുന്നതാണ് തന്റെ യുക്തിക്കും തന്റെ അനുഭവത്തിനും എല്ലാം അപ്പുറമായ പരമാർത്ഥ സത്യം അതിനെയാണ് ഇവിടെ ആചാര്യൻ വെളിപ്പെടുത്തുന്നത് അവിടെ തനിക്ക് ജനന ഭരണങ്ങളില്ല എന്നും പറഞ്ഞതുപോലെ തനിക്ക് ബന്ധമോക്ഷങ്ങളില്ല എന്നാണ് പൂർവേഷു ഉപായത്വനു മുക്താനാം സത്യാനാം ഏതത് ഉത്തമം സത്യം മുമ്പ് പല മാർഗങ്ങളെയും നിർദ്ദേശിച്ചു അത് സത്യത്തിന്റെ പ്രതിപത്തിക്ക് ഉപായങ്ങളാണ് അതുകൊണ്ട് നമുക്കതിനെ സത്യം എന്ന് പറയാം എന്ത് മാർഗങ്ങളെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ വേദത്തിൽ കർമ്മകാണ്ഡം തുടങ്ങി സർവ്വതും വേദത്തിലെ കർമ്മകാന്ഡത്തെയും സത്യത്തിനെ പ്രാപിക്കുന്നതിനുള്ള ഉപായമായ ഒരാൾക്ക് സ്വീകരിക്കാം മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം സത്യപ്രാപ്തിക്കുള്ള ഉപായങ്ങളായി സ്വീകരിക്കാം അതിന് ഉപായങ്ങളായി സ്വീകരിക്കുകയാണെങ്കിൽ അതെല്ലാം സത്യം തന്നെ അതാണ് ഉക്താനാം സത്യാനാം എന്ന് പറഞ്ഞത് സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ അത് ഉപകരിക്കുമെങ്കിലും അതിന് നമുക്കതിന് സത്യമെന്ന് പറയാം പക്ഷെ എന്നിരിക്കലും അതൊന്നും പരമാർത്ഥ സത്യമല്ല സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുന്നുകൊണ്ട് അതിന് നമ്മൾ സത്യമെന്ന് പറയുന്ന ഉത്തമം സത്യം എന്നാൽ ഉത്തമമായ സത്യം ഒന്നുണ്ട് ഇതിനെല്ലാം നിരാകരിച്ചിട്ട് ശേഷിക്കുന്ന സത്യം സ്ഥിരീയനായ സത്യം യസ്മിൻ സത്യസ്വരൂപേ ബ്രഹ്മണ്ണി ആണ് മാത്രമോ കിഞ്ചന ജായതെ ആ പരമാർത്ഥമായ സത്യസ്വരൂപത്തിൽ യാതൊരു വികല്പങ്ങൾക്കും അവകാശമില്ല ഒന്നും അവിടെ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൽപ്പനകൾക്കും അവിടെ നിലനിൽപ്പില്ല ജനന മരണങ്ങളെല്ലാം കൽപ്പനകളാണ് ജീവന്റെ കൽപ്പനകളാണ് ഗാഠനിദ്രയിൽ അവിടെ കൽപ്പനകളില്ല ജനന മരണങ്ങളുമില്ല ബന്ധമോശങ്ങളുമില്ല അപ്പൊ കല്പനയും നിലനിൽക്കുന്നതാണിതെല്ലാം ബന്ധമോശങ്ങളെല്ലാം ആ കല്പനയെ നിരാകരിച്ചു കഴിഞ്ഞാൽ എന്താണ് അണുമാത്രമേ അണുമാത്രം പോലും പിന്നെ കല്പനയ്ക്ക് അവകാശമില്ല അതുകൊണ്ട് തന്നെ എന്താണ് ജനന മരണങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല ഇവിടെ സത്യസ്വരൂപേ അങ്ങനെയൊരു സത്യസ്വരൂപമായിരിക്കുന്ന പരമാർത്ഥത്തെ തന്റെ അജ്ഞതയെ നിഷേധിച്ചുകൊണ്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് അജ്ഞൻ തന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അജ്ഞന്റെ അനുഭവത്തിൽ വരാ വരില്ലായിരിക്കും പക്ഷേ അജ്ഞൻ അതിനെ അംഗീകരിക്കാം അജ്ഞനെ കൊണ്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി പറയുകയാണെങ്കിൽ യസ്മിൻ സത്യസ്വരൂപേ ബ്രഹ്മണ്യാണ് മാത്രമവി കിഞ്ചന ജായത്തെ സംഭവോസിന വിദ്യതേ ഉത്തമം സത്യം എത്ര അടുത്തുവരുന്നത് അലാധശാന്തി പ്രകരണമാണ് കാരികയിലെ നാലാമത്തതും അവസാനത്തവുമായ പ്രകരണം ഇവിടെ മുമ്പ് വന്ന പല കാര്യങ്ങളും അല്പസ്വൽപ്പത്യാസത്തോടുകൂടി ഇവിടെ ആവർത്തിക്കും മുമ്പ് പറഞ്ഞ വിഷയങ്ങളെ തന്നെയാണ് ഇവിടെ ചർച്ച ഇവിടെ പ്രധാനമായും ഈ ജ്ഞാതാവ് ജ്ഞാനേയം എന്നുള്ള ഈ അനുഭവതലം അജ്ഞന്റെ പ്രപഞ്ച അനുഭവ തലം ഈ തലമല്ല പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയാണ് അതിനൊരു ഉദാഹരണമായിട്ടാണ് അലാദത്തെ തീക്കൊള്ളിയെ എടുക്കുന്നത് വാസോദി തീക്കൊള്ളിയുടെ ഉദാഹരണമെന്ന് പറയുന്നത് ബൗദ്ധന്മാരുടെ ബൗദ്ധാചാര്യന്മാരുടെ ഉദാഹരണമാണ് അതേ ഉദാഹരണത്തെ തന്നെ അദ്വൈതത്തെ സമ്മർദ്ദിക്കുന്നതിന് വേണ്ടി അദ്വൈതം എന്ന് പറയുമ്പോൾ അതിൽ അജാതവാദം ജന്മത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത വ്യാവഹാരികമായി പോലും ജന്മം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നതാണ് അജാതവാദം അദ്വൈതത്തിന്റെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായ ആജാതവാദത്തിന് അനുകൂലമായ രൂപത്തിൽ ഈ ദൃഷ്ടാന്തത്തിലൂടെ തിരിയനെ വിശദീകരിക്കേണ്ട അനാദം തീക്കൊള്ളി എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തിലൂടെ ഈ ദൃഷ്ടാന്തത്തെ സ്വീകരിച്ചത് തന്നെ പലരും പറയുന്നതിന് ബൌദ്ധാചാര്യന്മാരോട് കടപ്പാടുണ്ട് എന്ന് പറയുന്നു കാരണം അവര് സമർത്ഥിക്കുന്നതിനു വേണ്ടി ധാരാളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്തത്തിലൂടെ അദ്വൈത സമർത്ഥിക്കുന്നു ആ സമർത്ഥനത്തിന് പോലും വളരെ സാമ്യതയുണ്ട് എന്നാൽ ഇതിന്റെ അവസാനം കാര്യതാരൻ പറയും പറയുന്ന കാര്യം ബുദ്ധൻ പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയും എന്നാൽ ബുദ്ധനെ ആസ്വദിക്കുന്നത് പോലെയും ബുദ്ധശബ്ദം പല സ്ഥലത്തും വരുന്നുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം ബുദ്ധൻ്റെ തന്നെ വെച്ചാൽ ബൌദ്ധാചാര്യന്മാരുടെ തന്നെ ഒരു സിദ്ധാന്തത്തെ ക്ഷണിക വിജ്ഞാനവാദത്തെ ഒരു പരിഷ്കാരം സ്ഥിര വിജ്ഞാനവാദമാക്കി ആ ചിന്താഗതിയെ പരിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ചിലർ എന്തായാലും ക്ഷണിക വിജ്ഞാനവാദത്തെ അംഗീകരിക്കുന്നു ജ്ഞാന ക്ഷണികമാണ് എന്നുള്ള ചിന്താഗതി ഇവിടെ സ്വീകരിക്കുന്നില്ല ഇവിടെ പറയുന്നത് ജ്ഞാനം സ്ഥിരമാണ് നിത്യമാണ് ശാശ്വതമാണ് എന്നുള്ള തത്വത്തെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബൌദ്ധാചാര്യന്മാരുടെ മതത്തെ അതുപോലെ സ്വീകരിച്ചതെന്ന് പറയാൻ വയ്യ എന്നാൽ ജ്ഞാനത്തിന്റെ പ്രാധാന്യം അവർ സ്വീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനത്തിൽ നിന്നാണ് സർവവും അതാണ് ക്ഷണിക വിജ്ഞാനവാദികൾ പറയുന്നത് ആലയ വിജ്ഞാനം പ്രവൃത്തി വിജ്ഞാനം എന്ന് രണ്ടു തരത്തിലുള്ള വിജ്ഞാന പ്രവാഹം ആ വിജ്ഞാന പ്രവാഹമാണ് ഈ ജീവനും പ്രപഞ്ചവും എന്നാണ് അവരുടെ പക്ഷം ഇവിടെയും പറയുന്നതെന്താണ് സർവവും ജ്ഞാനം തന്നെ വിജ്ഞാനം വിജ്ഞാനവും പ്രവൃത്തി വിജ്ഞാനവും അഖണ്ഡമായ വിജ്ഞാനം സ്തുരീയ രൂപത്തിലുള്ള വിജ്ഞാനം ആത്മസ്വരൂപമായ വിജ്ഞാനം ആ വിജ്ഞാനമാണ് ആ വിജ്ഞാനത്തിന്റെ തന്നെ ബഹിർസ്ഫുരണമാണ് ഈ പ്രപഞ്ചം അതിനാണ് ചിത്തസ്കന്ദനം ചിത്തസ്കന്ദനം എന്ന് പറയും അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും അതിനോട് താരതമ്യം ചെയ്യാവുന്ന ഭാഗങ്ങൾ ഇവിടെയും കാണാം ക്ഷണിക വിജ്ഞാനവാദത്തോട് ഭൂമിക്കാവുന്ന ഭാഗങ്ങൾ ഇവിടെയുമുണ്ട് അതുകൊണ്ടിതിന് ബൌദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദത്തോട് കടപ്പാടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് അതല്ല ക്ഷണിക വിജ്ഞാനവാദമല്ല ഇത് അദ്വൈതം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനാകാശകല്പന ധർമാഗനോപമാൻ ജേയാ ഭിന്നബുദ്ധ സംവന്ദേരി പദാംബരം തം വന്ദേപതാംബരം അധിപതന്മാരിൽ രണ്ട് കാലുറപ്പിച്ച് ഈ ഭൂമിയിൽ നടക്കുന്നവരിൽ എന്ന് വെച്ചാൽ മനുഷ്യരിൽ വരൻ ശരഷ്ണായ തം ആചാര്യനെ വന്ദേ ഇവിടെ പറയുന്നത് ദ്വിപഥം രണ്ടു കാലമുള്ളവർന്നുള്ള മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മനുഷ്യരായി ജനിച്ചവരിൽ ശ്രേഷ്ഠൻ ആയിട്ടുള്ള ആരാണ് ദേവന്മാരല്ല ഈശ്വരന്മാരല്ല മനുഷ്യൻ തന്നെ ആയിരിക്കണം അപ്പൊ ഇവിടെ രൂഢോപാതാചാര്യന് മുമ്പ് മനുഷ്യരായി ജനിച്ചവരിൽ ശ്രേഷ്ഠനായിരുന്ന ആരാണ് ുന്നു അത് അദ്വൈവാദിയായ ബുദ്ധൻ തന്നെയെന്നാണ് ബുദ്ധൻ അദ്വൈവാദി എന്ന് പരിയായവും ശ്രീ ബുദ്ധന ഇവിടെ കരണാനന്ദ മറ്റൊരാളെങ്ങനെ എടുത്ത് കാണിക്കാനില്ല ഇവിടെ നാരായണൻ എന്ന് പറയുന്നുണ്ട് ഭക്ഷ്യക്കാർ ബുദ്ധൻ എന്ന് പറയാൻ കഴിയത്തില്ല അദ്വൈതിക്ക് പക്ഷെ നാരായണൻ ദ്വിപതനെന്ന് പറയാൻ പറ്റത്തില്ല രണ്ടു കാലം കൊണ്ട് ഭൂമിയിൽ നടന്നയാണല്ല ദേവനാണ് ബുദ്ധനെയാണെങ്കിൽ ബുദ്ധൻ അന്ദ്യവാദിയാണോ എന്നുള്ള ചോദ്യം വരും ബുദ്ധനും അന്വയവാദി എന്ന് പേരുണ്ട് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നതിനെയും അദ്വയം അദ്വൈതമെന്ന് പറയാം പക്ഷേ ബുദ്ധന്റെ അനുയായികളായ ആചാര്യന്മാർ വന്നിട്ട് അതിന് നിരവധി ഭാഷയങ്ങളുണ്ടാക്കി അപ്പം അതിന് പേരുകൾ പല പേരുകളുണ്ട് ലോകാചാര്യന്മാർ മാധ്യമികന്മാര് സൌത്രാന്തികന്മാര് വൈഭാഷികന്മാരെന്നൊക്കെയുള്ള ഭേദങ്ങൾ ഒരുപാടുണ്ട് അതിന് ബുദ്ധൻ ഉത്തരവാദിയല്ല എന്ന് പറയും എന്തായാലും ഇവിടെ ആചാര്യസ്വാമികൾ ബൗദ്ധാചാര്യന്മാരെ നിഷേധിക്കുന്നുണ്ട് ആദ്യ നാരായണനാണ് ഇവിടെ പറയുന്ന ആചാര്യനെന്ന് പറയുന്നു ആ നാരായണനെയാണ് സ്തുതിക്കുന്നതെന്ന് പറയുന്നു അതെന്തായിക്കൊള്ളോട്ടെ ഇവിടെ പറയുന്നത് അദ്വൈതത്തെ തന്നെയാണ് അദ്വൈതത്തിന്റെ ആചാര്യനെ ഗൂഢപാതാചരികുന്നുമുള്ള ആചാര്യനെ ഇവിടെ സ്മരിക്കുകയാണ് മുഖമായി വരുന്ന ഭാഷ്യമാണ് ഓങ്കാരനിർണദ്വരെണ് ആഗമദ പ്രതിജ്ഞാതൈത ബാഹ്യവിഷയഭേദ വൈദ്യർസിദ്ധ പുനരദ്വൈത ശാസ്ത്രവ്യക്തിഭ്യം സാക്ഷാരിധാര േത്തതുത്തമം സത്യം ഇത്യുപസംഹാരകൃത ആദ്യം പാണ്ഡവ്യകാരിക തുടങ്ങുന്നത് ഓങ്കാര നിർണയത്തിലൂടെയാണ് ഓമിത്യരക്ഷണമിതം സർവം തസ്യപ്യാഖ്യാനം എന്ന തുടങ്ങുന്നത് എന്നിവിടെ പറയുന്നു ഓങ്കാര നിർണയദ്വാരേണ ആഗമത പ്രതിജ്ഞാതസ് ശ്രുതി അത് പ്രതിജ്ഞ ചെയ്തു ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ പ്രതിജ്ഞ മാത്രം മതി ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി അതിനാണ് പ്രതിജ്ഞയെന്ന് പറയുന്നത് അതിന് പിന്നീട് മറ്റ് പ്രമാണങ്ങളുടെയോ യുക്തിയുടെ ഒന്നും ആവശ്യം ശ്രുതിയെ സംബന്ധിച്ചില്ല കാരണം ശ്രുതിയെ സംബന്ധിച്ച് പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തിന് മറ്റ് പ്രമാണങ്ങളുടെ ആവശ്യമില്ല ഏതുപോലെ ഒരാൾ പറയുന്നു ഇത് പകലാണെന്ന് പറഞ്ഞാൽ ആ പകലാണെന്ന് കണ്ണുള്ള ഒരുങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിന് പ്രമാണങ്ങളുടെ ആവശ്യമില്ല എന്നുവെച്ചാൽ മറ്റു വെളിച്ചത്തിന്റെ ആവശ്യമില്ല യുക്തി വിചാരത്തിന്റെ ആവശ്യമില്ല അങ്ങനെ പകലാണെന്ന് ഏതെങ്കിലും യുക്തിയിലൂടെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അത് പ്രത്യക്ഷ സിദ്ധമാണ് അപ്പോൾ കാര്യമാണ് അദ്വൈതത്തിന് പിന്നെ ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല യുക്തിയുടെ അതാണ് പ്രതിജ്ഞ എന്ന് പറയും ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വെളിപ്പെടുത്തിയാൽ അത് തന്നെയാണ് പരമാർത്ഥം വാസ്തവത്തിൽ അദ്വൈതം അങ്ങനെയുള്ളതാണ് അദ്വൈതത്തിന് പ്രമാണത്തിന്റെ ആവശ്യമില്ല യുക്തിയുടെ ആവശ്യമില്ല എന്തുകൊണ്ട് സ്വയം വെളിപ്പെടുന്നതും സ്വയം പ്രതിഷ്ഠിതമായതുമായ ഒന്നാണ് സ്വയം പ്രമാണിതമായ ഒന്നാണ് അത് അതിനും മറ്റ് പ്രമാണങ്ങളുടെ ആവശ്യമില്ല പിന്നെ പ്രമാണം അന്വേഷിക്കുന്നതോ യുക്തി അന്വേഷിക്കുന്നതോ ഒന്നും അദ്വൈതത്തിനല്ല അവനവന്റെ അറിവിന് വേണ്ടിയിട്ടാണ് അദ്വൈതത്തെ സംബന്ധിച്ച് താനെന്താണോ അറിഞ്ഞത് ആ തന്റെ അറിവിനെ ബലപ്പെടുത്തുന്നതിന് തനിക്ക് യുക്തി ആവശ്യമുണ്ട് അത് അദ്വൈതത്തിനല്ല തന്റെ അറിവിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി തനിക്ക് പ്രമാണങ്ങളുടെ ആവശ്യം വരും അദ്വൈതത്തിന് അതിന്റെ ആവശ്യമില്ല സ്വതസിദ്ധമാണ് ശ്രുതി പ്രജ്ഞതി വാക്യങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തിയതാണ് അഹം ബ്രഹ്മാസ്മി തത്വമി അഹ് ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങളിലൂടെ അത് വെളിപ്പെടുത്തിയതാണ് അത് ശ്രോതാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ഓംങ്കാര നിർണ്ണയം ഓങ്കാരത്തെ ഉപായമായി നിർദ്ദേശിച്ചു അങ്ങനെയുള്ളതാണ് അദ്വൈതം അദ്വൈതത്തിന് മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ ബാഹ്യവിഷയഭേദ വൈദത്യാ അദ്വൈതത്തെ ബോധ്യപ്പെടുകയും അദ്വൈതം സത്യമാണെന്ന് കരുതുകയും ചെയ്യുക സാധ്യമാണ് അവിടെ എന്ത് ബോധ്യപ്പെടും ബാഹ്യവിഷയഭേദ വൈദ ബാഹ്യവിഷയങ്ങളെല്ലാം വിദമാണ് പരമാർത്ഥമല്ല രണ്ടു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു അദ്വൈതം ബോധ്യമാകുന്നതോടുകൂടി പ്രപഞ്ചമിഥ്യാത്വവും ബോധ്യമാകും ഇത് പരമാർത്ഥമല്ല എന്നും ബോധ്യമാകും അല്ലെങ്കിൽ മറിച്ച് പ്രപഞ്ചമിഥ്യാത്വം ബോധ്യമാകുന്നതോടുകൂടി അദ്വൈതവും ബോധ്യമാകുന്നു പകരത്തിന് പകരം പ്രപഞ്ചം മിഥ്യയാകണമെങ്കിൽ അദ്വൈതം സിദ്ധിച്ചേ മതിയാകും അദ്വൈതം സിദ്ധിക്കണമെങ്കിൽ പ്രപഞ്ചം പരമാർത്ഥമല്ലെന്നും ബോധിച്ചേ മതിയാകും അങ്ങനെയുള്ള ശ്രുതിയിലൂടെ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ യുക്തിയെ ആശ്രയിക്കാം യുക്തിയിലൂടെയും ബോധ്യപ്പെടാം അതാണ് രണ്ടിനെയും പറയുന്നത് ശാസ്ത്രയുക്തിഭ്യാം സാക്ഷാത് നിർധാരിത സാക്ഷാ അനുഭവ രൂപത്തിൽ നിർണ്ണയിക്കപ്പെട്ടതാണ് അദ്വൈതം അദ്വൈതം വിദ്വാൻമാരുടെ അനുഭവമാണെന്നൊന്നും ഇപ്പോ പറഞ്ഞു വിദ്വത് അനുഭവ സിദ്ധത്വ അത് അജ്ഞന്റെ അനുഭവമല്ല അജ്ഞന്റെ യുക്തിയും മറ്റുമാണെങ്കിലും ഞാനീയുടെ അനുഭവമാണ് അങ്ങനെയെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഈ അദ്വൈതത്തെ ആചാര്യൻ എങ്ങനെ ഉപസംഹരിച്ചു ഉത്തമം സത്യം എന്നിങ്ങനെ അതിനെ ഉപസംഹരിച്ചു അവസാനിപ്പിച്ചു എന്നു ആചാര്യൻ ഈ അദ്വൈത സത്യത്തെ നിരുപാധികമായി ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് തന്റെ വാക്കുകൾ ഉപസംഹരിച്ചു അതാണ് ഇതുവരെ സംഭവിച്ചത് എന്ന് ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് നമ്മൾ അദ്വൈതത്തെ ബോധ്യപ്പെട്ടിരിക്കുന്നു അന്മാർതർശന പ്രതിപക്ഷഭൂതനോ വൈനാശികളേശാസ്പംശനം സൂചിതം അവിടെ തന്നെ മുമ്പ് ചർച്ച പറഞ്ഞു എന്താണോ ഇത് ശ്രുതി താൽപര്യമാണ് അദ്വൈതം ശ്രുതി പരമാവധി വെളിപ്പെടുത്തുന്നതിനെയാണ് ശ്രുതിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും അതെല്ലാം ഗുണമാണ് കാരണം ശ്രുതി കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാം മുഖ്യമല്ല ഗുണമാണ് പക്ഷെ പരമതാത്പര്യം എന്താണോ ആഗമാർത്ഥം എന്താണോ അത് അദ്വൈതമാണ് അതങ്ങനെയാണെങ്കിലും ശ്രുതി അനാദിയായി ഇതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഇതിനെ ബോധ്യപ്പെടാത്തവരുണ്ട് അവരാണ് പ്രതിപക്ഷ ഭൂതഹ ശ്രുതിക്ക് തന്നെ ശത്രുക്കളായിരിക്കുന്നവർ ശ്രുതിയെ തന്നെ എതിർക്കുന്നവർ ശ്രുതിയുടെ താൽപര്യത്തെ മനസ്സിലാക്കാതെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ശ്രുതിയുടെ താൽപര്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ ആരാണ് ദ്വൈതനഹ ദ്വൈതകൾ വൈനാശികാസ്ത അശൂന്യവാദികളും മറ്റും ബൌദ്ധാനികൾ വൈനാശികന്മാരെന്ന് പറയുന്നു ശൂന്യവാദികളാണ് അന്യൂനവിരോധാത് രാഗദ്വേഷാദിക്ലേശാസ്പദം ദർശനം അവർ പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു നയായികൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വൈശേഷികം പറയുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി പറയുന്നു അതിൽ നിന്ന് വ്യത്യാസമായി പറയുന്നു ഇങ്ങനെ പരസ്പരം വിരുദ്ധമായി പറയുന്നു രാഗദ്വേഷാദിക്ലേശാസ്പദം രാഗദ്വേഷാദിക്ലേശങ്ങൾക്ക് അതാസ്പദമായിരിക്കുന്നു ദ്വൈതത്തിൽ പരസ്പരം നിന്ദിക്കുമ്പോഴാണ് അവിടെ രാഗദ്വേഷങ്ങൾ വരുന്നത് അദ്വൈതത്തെ വിശദീകരിക്കുന്നിടത്ത് രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തിയില്ല ഇത് മിഥ്യാദർശനത്തിന് സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അദ്വൈതം ഒഴികെയുള്ള സർവദർശനങ്ങളും മിഥ്യാദർശനങ്ങളാണ് എന്നോട് പറഞ്ഞു കാരണം രാഗദ്വേഷങ്ങൾക്ക് ആസ്പദമാണ് പരസ്പരം അവര് പഴിയായിരുന്നുണ്ട് നിങ്ങളത് ശരി അല്ല ഞങ്ങളുടെതാണ് ശരി നിങ്ങളുടെ ശരിയല്ല എന്ന് പറയും തന്റേത് ശരിയാണെന്ന് പറയും അങ്ങനെ പരസ്പരം നിഷേധിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടു ശരിയല്ലാതെ തീരുന്നു അതുകൊണ്ട് അതിനെ മിഥ്യാദർശനമെന്ന് പറഞ്ഞു നമ്മളൊരാളെ നിഷേധിക്കുമ്പോൾ അയാൾക്ക് തിരിച്ച് നമ്മെ നിഷേധിക്കുന്നതിന്റെ അവകാശം അങ്ങനെ പരസ്പരം നിഷേധിക്കുമ്പോൾ ഫലത്തിൽ രണ്ടും നിഷേധിക്കപ്പെടുന്നു അതുകൊണ്ട് ദ്വൈത ദർശനങ്ങളെല്ലാം പരസ്പരം നിഷേധിക്കുന്നതുകൊണ്ട് സർവവും ഷേധിക്കപ്പെടുന്നു എന്നാൽ അദ്വൈതമോ അദ്വൈതവും മറ്റുള്ളവരെ നിഷേധിക്കുന്നതായിട്ടാണോ നമ്മൾ കാണുന്നത് പറയുന്നു അദ്വൈതം സർവത്തെയും ഉൾക്കൊള്ളുന്നതാണോ നിഷേധിക്കുന്നതോ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നിഷേധിച്ച് തള്ളാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ അദ്വൈതത്തെ കുറിച്ച് ധരിക്കരുത് അദ്വൈതം നമ്മൾ തരുന്നെന്താണ് അത് കർമ്മത്തിനെതിരാണ് ഇവിടെ കാര്യം വ്യക്തമാക്കുകയാണ് അത് ഭക്തിക്കെതിരാണ് യോഗത്തിനെതിരാണോ മന്ത്രത്തിനും തന്ത്രത്തിനും എല്ലാം എതിരാണെന്ന് നമ്മൾ കരുതുന്നു പരമാർത്ഥത്തിൽ അദ്വൈതം ഇതൊന്നിനെതിരണ്ട് പിന്നെ എതിർക്കുന്നതോ ബ്രഹ്മസൂത്രത്തിനും മറ്റും ഖണ്ഡിച്ചതോ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അതിന് തന്റെ സിദ്ധാന്തത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ അന്തർഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദ്വൈതികൾ കരുതുന്നത് പോലെ അത് അദ്വൈതത്തിനുപരിയാണ് അത് അദ്വൈതത്തെ നിരാകരിക്കാൻ പറ്റിയതാണ് എന്നൊക്കെയുള്ള ദ്വൈതികളുടെ വിചാരത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അദ്വൈതത്തിന് ദ്വൈതത്തിന് നിഷേധിക്കേണ്ട കാര്യമില്ല ദ്വൈതിയുടെ മിഥ്യാബുദ്ധിയെ നിഷേധിക്കുന്നുണ്ട് ദ്വൈതിക്ക് മിഥ്യാബുദ്ധി കണ്ടുവന്നെന്താണ് സത്യമായ അദ്വൈത ദർശനത്തെ മിഥ്യയാണെന്ന് മിഥ്യാബുദ്ധിയാണ് അതിനനുസരിക്കുന്നു അതുകൊണ്ട് ദ്വൈതമെല്ലാം എന്താണ് മിഥ്യാദർശനങ്ങളാണ് അദ്വൈതം പരമാർത്ഥ ദർശനമാണ് ക്ലേശ അനാസ്പദത്വത്മീകത്വ ബുദ്ധിരൈവ സമയ ദർശനം ഇത് അദ്വൈത ദർശനം സ്ത്രീയതേ ഇവിടെ അദ്വൈത ദർശനത്തെ സ്തുതിക്കുക അദ്വൈത ആചാര്യനെ സ്തുതിക്കുക എന്തുകൊണ്ട് ഇതിൽ ക്ലേശങ്ങളില്ല വൈഷമ്യങ്ങളില്ല ദന്തം എന്ന് പറഞ്ഞാൽ അത് വൈഷമ്യത്തെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് സ്വരൂപം തന്നെ വൈഷമ്യമാണ് ദന്തും ക്ലേശത്തെ ഉണ്ടാക്കുന്നു അദ്വൈതമോ എല്ലാ ക്ലേശങ്ങളെയും നിരാകരിക്കുന്നു ചിന്തയിലുള്ള ക്ലേശങ്ങൾ അനുഷ്ഠാനങ്ങളിലുള്ള ക്ലേശങ്ങൾ അനുഭവത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഇതിനെന്താന്ന് നിഷേധിക്കുന്നു ദ്വൈതത്തിന്റെ പിറകെ സഞ്ചരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ചിന്തയ്ക്ക് ക്ലേശങ്ങൾ വരുന്നത് ചിന്തയ്ക്ക് അവസാനം വരുന്നില്ല ഒന്ന് മറ്റൊന്നിനോട് ഏറ്റുമുട്ടുന്നു അത് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു സംഖ്യം യോഗത്തിനോട് ഏറ്റുമുട്ടുന്നു യോഗം ന്യായത്തിനോട് ഏറ്റുമുട്ടുന്നു അത് ക്ലേശമാണ് ക്ലേശാസ്പദമാണ് ഇവിടെ അതല്ല ആത്മേകത്വ ബുദ്ധിയാണ് സർവത്തിലെ ഏകത്വത്തെ കാണുകയാണ് സർവത്തിലെ ഏകത്വത്തെ കാണുമ്പോൾ എങ്ങനെ ക്ലേശം വരും വരത്തില്ല ക്ലേശനാസ്പദമാണ് അദ്വൈതമായി കാണുമ്പോൾ സർവത്തെയും താനായി തന്നെ കാണുമ്പോൾ എവിടെ എങ്ങനെ ക്ലേശം വരും അത് അതുകൊണ്ട് ഏകത്വ ബുദ്ധിയാണ് സമ്യക് ദർശനം പിറ്റേ ദർശനം സ്വയതെ അതുകൊണ്ട് ഇവിടെ ദർശനത്തെ സ്തുതിക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിലുള്ളത് മുമ്പ് പറഞ്ഞു ദ്വൈതദർശനങ്ങൾ പരസ്പരം മല്ലടിച്ചിട്ട് പരസ്പരം നശിപ്പിക്കുകയാണ് അദ്വൈത ദർശനം ഇങ്ങനെ പരസ്പരം മല്ലടിക്കുന്ന ഈ ദ്വൈതത്തിന്റെ എല്ലാം ആധാരത്തെ കണ്ടെത്തുന്നു ഏതിൽ നിന്നാണോ നേരത്തെ പറഞ്ഞു വിവദന്റെ പരസ്പരം എവർ പരസ്പരം വിവദിക്കുന്നത് ആ വിവദിക്കുന്ന സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കാണ് അതാണ് പരമാർത്ഥം അല്ല നിങ്ങളുടെ വിവാദമുള്ള പരമാർത്ഥം അതുകൊണ്ട് അദ്വൈത ദർശനം മറ്റുള്ള സർവതും ക്ലേശാസ്പദമാണ് എന്നാണ് ഇവിടെ പറയുന്നത് കാർവകല്പേന ധർമാൻ യോഗകനോപമാൻ ജേയാ ഭിന്നുദ്ധ തം വന്ദേനി പദാംബരം to see 2 3 7 2 0 2